അധ്യായം അൻപത് കാഫ് മക്കയിൽ അവതരിച്ചത് ഈ അദ്ധ്യായം തുടങ്ങുന്നത് കാഫ് എന്ന അക്ഷരത്തോടെ ആയതുകൊണ്ടാണ് ഇപ്രകാരം പേർ നൽകപ്പെട്ടത് ഓഫു മഹത്വമേറിയ കുർആൻ തന്നെയാണ് സത്യം എന്നാൽ അവരിൽ നിന്നു തന്നെയുള്ള ഒരു താക്കീതുകാരൻ അവരുടെ അടുത്ത് വന്നതിനാൽ അവർ ആശ്ചര്യപ്പെട്ടു എന്നിട്ട് സത്യനിഷേധികൾ പറഞ്ഞു ഇത് അത്ഭുതകരമായ കാര്യമാകുന്നു اِذَا مِتْنَا وَكُنَّا تُرَابًا ذَلِكَ رَجْعٌ بَعِيدٌ نാം മരിച്ചു മണ്ണായി കഴിഞ്ഞിട്ടോ ഒരു പുനർജന്മം അതി വിദൂരമായ ഒരു മടക്കമാകുന്ന ഖദ് അലിന മാ കൻഖുസുൽ അർദ് മിൻഹും വഇന്ദനാ കിതാബുൻ ഹഫീള് അവരിൽ നിന്ന് ഭൂമി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 ഭൂമിയാകട്ടെ നാം അതിനെ വികസിപ്പിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങൾ നാം സ്ഥാപിക്കുകയും കൗതുകമുള്ള എല്ലാ സസ്യവർഗങ്ങളും നാം അതിൽ മുളപ്പിക്കുകയും ചെയ്തിരിക്കുന്നു ൂഅാലിക്കുല് സത്യത്തിലേക്ക് മടങ്ങുന്ന ഏതൊരു ദാസനും കണ്ടു മനസ്സിലാക്കുവാനും അനുസ്മരിക്കുവാനും വേണ്ടി വനസ് ആകാശത്തു നിന്ന്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 അള്ളാഹു മലക്കുകളോട് കൽപ്പിക്കും സത്യനിഷേധിയും ധിക്കാരിയുമായിട്ടുള്ള ഏതൊരുത്തനെയും നിങ്ങൾ നരകത്തിലിട്ടേക്കുകൾ അതായത് നന്മയമുടക്കുന്നവനും അതിക്രമകാരിയും സംശയാലുവുമായ ഏതൊരുത്തനെയും അതെ അള്ളാഹുവോടൊപ്പം വേറെ ദൈവത്തെ സ്ഥാപിച്ച ഏതൊരുവനെയും അതിനാൽ കഠിനമായ ശിക്ഷയിൽ അവനെ നിങ്ങളിട്ടേക്കുക അവന്റെ കൂട്ടാളി പറയും ഞങ്ങളുടെ രക്ഷിതാവേ ഞാനവനെ വഴിതെറ്റിച്ചിട്ടില്ല പക്ഷേ അവൻ വിദൂരമായ ദുർമാർഗത്തിലായിരുന്നു അള്ളാഹു പറയും നിങ്ങൾ എന്റെ അടുക്കൽ തർക്കിക്കേണ്ട മുമ്പേ ഞാൻ നിങ്ങൾക്ക് താക്കിയത് നൽകിയിട്ടുണ്ട് എന്റെ അടുക്കൽ വാക്ക് മാറ്റപ്പെടുകയില്ല ഞാൻ ദാസന്മാരോട് ഒട്ടും അനീതി കാണിക്കുന്നവനുമല്ല നീ നിറഞ്ഞു കഴിഞ്ഞോ എന്ന് നാം നരകത്തോട് പറയുകയും കൂടുതൽ എന്തെങ്കിലുമുണ്ടോ എന്ന് നരകം പറയുകയും ചെയ്യുന്ന ദിവസത്തിലത്രേ അത് ിൽ സൂക്ഷ്മത പാലിക്കുന്നവർക്ക് അകലയല്ലാത്ത വിധത്തിൽ സ്വർഗം അടുത്തുകൊണ്ടുവരപ്പെടുന്നതാണ് അവരോട് പറയും അള്ളാഹുവിങ്കലേക്ക് ഏറ്റവും അധികം മടങ്ങുന്നവനും ജീവിതം കാത്തുസൂക്ഷിക്കുന്നവനും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 അവരോട് പറയപ്പെടും സമാധാനപൂർവ്വം നിങ്ങളതിൽ പ്രവേശിച്ചു കൊള്ളുക ശാശ്വതവാസത്തിനുള്ള ദിവസമാകുന്നു അത് അവർക്കവിടെ ഉദ്ദേശിക്കുന്നത് എന്തും ഉണ്ടായിരിക്കും നമ്മുടെ പക്കലാകട്ടെ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 അത് നമ്മെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ള ഒരുമിച്ചു കൂട്ടലാകുന്നു അനിമൈ ഹോഫുവായി അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെപ്പറ്റി നാം നല്ലവണ്ണം അറിയുന്നവനാകുന്നു നീ അവരുടെ മേൽ സ്വേച്ഛാധികാരം ചെലുത്തേണ്ടവനല്ല അതിനാൽ എന്റെ താക്കീത് ഭയപ്പെടുന്നവരെ ഖുർആാൻ മുഖേന നീ ഉത്ബോധിപ്പിക്കുക